വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ചിലർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു എന്നാൽ ചില സംഘങ്ങൾ അതിൽ ചില ഭാഗങ്ങളെ നിഷേധിക്കുന്നു പറയുക അള്ളാഹു സുബഹാനഹുവലയെ ആരാധിക്കാനും അവരിൽ പങ്കുചേർക്കാതിരിക്കാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്കാണ് എന്റെ മടക്കവും